ഇനി ഘനദ ആസന തസ്ുഖ അഭ്യസ് അനഖാ പാപവിധ ഇനി അപ്പം അഭ്യാസവശത വാസന ഘനദാന് തസ്മാ സുഖാഭ്യസം ഉപയോഗ ഇതേ ജന്മത്തിലും അഭ്യസ അഭ്യാസം കൊണ്ട് ആചരണങ്ങൾ കൊണ്ട് മനോവാക്കായ കർമ്മങ്ങൾ കൊണ്ട് വാസന ഘനത ഇയാദി നിനക്ക് വാസന വൃദ്ധിയുണ്ടാകും അതുകൊണ്ട് തസ്മ ശുഭാഭ്യാസം നല്ല പ്രവൃത്തിയെ ശീലിക്കും ശുഭാഭ്യാസ ശുഭമായ കർമ്മങ്ങളുടെ ആചരണത്തെ ഉപാഹാര സമ്പാദിക്കും ഇപ്പോൾ വാസന കൂടെ രണ്ടായിട്ടാണ് തിരിക്കുന്നത് ഒന്ന് പൊറുവജന്മങ്ങളുടെ വാസന അതിൽ നമുക്കിങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അത് പുണ്യവാസനകളും പാവവാസനകളും മനുഷ്യനിലുണ്ട് പിന്നെ ഈ ജന്മത്തിലെ വാസന മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മറ്റേന്ദ്രിയങ്ങൾ കൊണ്ടും ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നുണ്ടാകുന്ന വാസന അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും പ്രവർത്തിക്കുന്ന അനുസരിച്ച് വാസന വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇവിടെ രാമനോട് പറയും ഇന്നൊരു കാര്യം ചെയ്യുന്നു ഞാൻ അനജ്ഞനാണ് പാപരഹിതനാണ് അതുകൊണ്ട് ശുഭാഭ്യാസം ശുഭാഭ്യാസം നല്ല ആചരണങ്ങളെ അനുഷ്ഠിക്കും നല്ല പ്രവൃത്തി ചെയ്യുന്നു ഇവിടെ രാമനെ ഉപദേശിക്കുന്നത് രാമന് പറയുന്നതിന് ചില കോൺട്രഡിക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പൊ പറയുന്നത് രാമന് ഒരു സാധാരണ മനുഷ്യനായി കണ്ടിട്ടാണ് നല്ല കർമ്മങ്ങൾ ചെയ്തു നല്ല വാസന ഉണ്ടാകും ചീത്ത കർമ്മങ്ങൾ ചെയ്തു ചീത്തവാസന ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അത് സാറിന് മനുഷ്യന് കൊടുക്കുന്ന ഉപദേശം അവതാരമെന്നുള്ള സങ്കല്പം അനുസരിച്ചാണ് ഇങ്ങനെ പറയാൻ പറ്റിയില്ല അവിടെ മനസ്സിൽ അങ്ങനെ ഒരു ആശയം അവതാരത്തെ കുറിച്ച് പറയുന്നത് എന്താണോ ഭക്ഷിക്കാരങ്ങൾ എന്ന് പറയും സ്വാ മായ ഇച്ഛ അനുസരിച്ച് ശരീര സ്വീകരിക്കുന്നതാണ് എല്ലാം തന്റെ ഇച്ഛയ്ക്ക് വിധേയമായിട്ടാണ് നടന്നത് അപ്പൊ അവിടെ തന്റെ പ്രവൃത്തി കൊണ്ട് വാസനയെ സഞ്ചരിക്കുന്നില്ല പോലെ അങ്ങനെ നല്ല വാസനയെ സമ്പാദിക്കാനും ചീത്തവാസനയെ ഉപേക്ഷിക്കാനും ചിത്തശുദ്ധിക്കും വേണ്ടിയും നല്ല അവതാരവും കൂടി അവതാരത്തെക്കുറിച്ചുള്ള പഴയ സങ്കല്പം അവതാര കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവതാര അങ്ങനെ ഒരു ഉപദേശത്തിൻ്റെ ആവശ്യമുണ്ട് നല്ല വാസനങ്ങൾ കേൾക്കാം പിന്നെ അവതാരങ്ങളെ കുറിച്ച് ഇത് പൊതുവായ കാഴ്ചപ്പാടാണ് പിന്നെ അവതാരങ്ങളെ കുറിച്ച് അപ്പം പറയുന്നത് കോൺട്രിക്ഷൻ ആയിട്ടുള്ള പല സ്റ്റേറ്റുവജനും കാണും അത് പലരുടെയും പല കാഴ്ചപ്പാടുകയായിരുന്നു പക്ഷെ പൊതുവെ ഇങ്ങനെയാണ് അവതാരം എന്ന് പറയുന്നത് സ്വേച്ഛാ ശരീരം പിന്നെ അവിടെ കർമാധീനമല്ല കർമ്മഫലമായി ജന്മം സ്വീകരിക്കുന്ന എല്ലാ ഭക്ത അതുകൊണ്ട് തന്നെ കർമ്മഫലമായി ഒന്ന് അനുഭവിക്കാനേ പിന്നെ അവിടെ പ്രവർത്തിക്കും നല്ല വാസന ഉണ്ടാക്കും എന്നൊക്കെ പറയുന്ന അസംബന്ധമാണ് കർമ്മഫല പക്ഷെ ഇവിടെ പറയുന്നത് ഇപ്പൊ മനുഷ്യനായി കണ്ടുകൊണ്ട് പറയും അതാണ് അവതാരം പറയുന്നത് നമാം കർമാണി എന്ന് പറയും കർമ്മബന്ധങ്ങളില്ലാത്തതാണ് അവതാരം കർമ്മഫലങ്ങളൊന്നും ആഗ്രഹം ഇപ്പൊ പുണ്യം സമ്പാദിക്കുന്നു പാപ സമ്പാദിക്കുന്നു ഞങ്ങളുടെ സ്പൃഹ ആഗ്രഹം അതുകൊണ്ടിവിടെ പറയുന്നത് മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഇതാംനെ ഉപദേശിക്കുന്നത് എല്ലാ മനുഷ്യർക്കും വേണ്ടി അങ്ങനെ ഉപദേശിക്കുന്നു എടുക്കാം അവതാര ജന്മം കർമാധീനമെല്ലാം എന്നുള്ള സിദ്ധാന്തം ഓർത്തു പിന്നെ ഈ ഭ്യാസം നല്ല പ്രവൃത്തികൾ ചെയ്യുക ഇത് മനുഷ്യനെ സംബന്ധിച്ച് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഉപദേശം നല്ല പ്രവൃത്തികൾ ചെയ്യുക ഏറ്റവും നല്ല ഉപദേശമാണ് പക്ഷെ ഈ ഉപദേശം മനുഷ്യന് ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു എന്താണ് ആ നമ്മൾ നല്ലങ്ങനെ തിരിച്ചറിയും അവിടെയല്ലേ പ്രശ്നം നല്ല പ്രവൃത്തി ചെയ്യണമെന്ന് നമുക്ക് ഉപദേശിക്കുന്ന ആൾക്കാരെ നമ്മളെ ഉപദേശിക്കും ആൾക്കാർ പക്ഷേ ഏതാ നല്ല പ്രവൃത്തി അതൊരു വലിയ പ്രശ്നമാണ് നമ്മൾ ചെയ്ത് ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണോ നമ്മളിതിനെ ഉറപ്പിക്കും അതൊരു ശരിയായ ഉത്തരമാണ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കാതിരിക്കുന്നതാണെങ്കിൽ അത് നല്ല പ്രവൃത്തിയാണ് നമ്മുടെ പക്ഷേ നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവരെ ദുഃഖമാണോ സുഖമാണോ എന്നുള്ള നമ്മുടെ അവനാണ് അല്ലേ നമുക്കെങ്ങനെ തീരുമാനിക്കാൻ പറ്റും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അന്യയുടെ സുഖമാണോ ദുഃഖമാണോ നമ്മൾ ചിലപ്പോ അന്യയുടെ സുഖമാണോ ഒരു പ്രവൃത്തിയായിരുന്നു അത് അവന് ദുഃഖമാണ് ആ അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കും പക്ഷെ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ നമ്മള് പ്രവർത്തിച്ചല്ലേ നമ്മുടെ പ്രവൃത്തി കഴിഞ്ഞല്ലേ പ്രവൃത്തിയെ കുറിച്ചാ പറയും അവര് ചിലപ്പോ ദുഃഖം അനിഷ്ടം പ്രകടിപ്പിച്ചെന്ന് വരും പ്രകടിപ്പിച്ചില്ലെന്നും വരും പ്രകടിപ്പിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ചെയ്ത് തെറ്റായപ്പോ വരും നമ്മുടെ പ്രവൃത്തി കഴിഞ്ഞു പോയി ചെയ്തത് അത് ഇന്നത്തെ എന്താണോ ഒരു കാഴ്ചപ്പാടാണ് ആധുനികമായ കാഴ്ചപ്പാടാണ് അതായത് സമൂഹത്തിന്റെ പൊതുധാരണയും വരുന്ന പ്രവൃത്തികൾ ചെയ്യുക പൊതുധാരണ വരുന്ന പ്രവൃത്തികൾ ശരിയും തെറ്റും എങ്ങനെ നമ്മൾ തീരുമാനിക്കും പൊതുധാരണ വരുന്ന പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്താണോ നിയമവിധേയമായ പ്രവൃത്തികൾ ചെയ്യുക അതിൽ തന്നെ എന്താണോ മൂല്യവത്തായ പ്രവൃത്തി ചെയ്യുക മൂല്യബോധത്തോടുകൂടിയുള്ള പ്രവൃത്തി ചെയ്യുക എന്ന ഒരു പൊതുവെ അംഗീകരിച്ചിരിക്കുന്നത് തന്നെയാണ് ആ പറഞ്ഞത് ഇപ്പോ പൊതുസമൂഹത്തിന്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ കാലദേശങ്ങൾക്ക് യോജിച്ച നിയമവിധേയമായ പ്രവൃത്തികൾ ഒരു കാരണവശാലും എന്താണ് എത്രയൊക്കെ ലാഭം ഭൗതികമായ ലാഭം ഉണ്ടാകുമെന്ന് കരുതിയാലും നിയമവിരുദ്ധമായ പ്രവൃത്തികൾ അത് ചെയ്യാതിരിക്കുക കഴിയും അത് പെർഫെക്റ്റ് ആണോ എന്ന് നമ്മുടെ പ്രവൃത്തിയിൽ ഒരിക്കലും നമുക്ക് പൂർണ്ണത ആർജിക്കാൻ കഴിയത്തില്ല അത് പ്രവൃത്തിയിലൂടെ പൂർണ്ണ സാധ്യമല്ല അങ്ങനെ വന്നാൽ പിന്നെ പ്രവൃത്തി ഉപേക്ഷിക്കേണ്ടി അതും പ്രയാസമുള്ള കാര്യം എന്നാലും കഴിയുന്നത്ര അത് പൂർണ്ണമാകുക എന്ന് വെച്ചാൽ നിയമവിധേയമായ നിയമവിധേയം എന്ന് പറയുമ്പോൾ അത് സമൂഹം നമ്മൾ ജീവിക്കുന്ന സമൂഹം അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ് അപ്പോൾ നിയമവിധേയമായാണ് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് പരന് ഉപദ്രവം ഉണ്ടാക്കുന്നതായിരിക്കത്തില്ല എന്നൊരു പൊതുധാരണ കാരണം നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതാണ് നിയമം ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് ഇനി അവശ്യത അനുഭവിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേക നിയമമാണ് ഏത് നിയമങ്ങളായാലും ചേരും നിയമവിധേയമായാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അത് അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനും അങ്ങനെ വരുമ്പം അങ്ങനെ മാത്രമേ നമുക്കൊന്നൊരു സാമൂഹ്യ ജീവിതം നിരുപദ്രപരമായ ഒരു സാമൂഹ്യ ജീവിതം നമുക്ക് സാധ്യമാകും അതിലെന്ത് അതിൽ പോരായ്മയില്ലെന്നല്ല അതാദ്യം നമ്മൾ മനസ്സിലാക്കണം പ്രവൃത്തിയിൽ എന്തായാലും പോരായ്മ ഒരാളോട് തെറ്റ് ചെയ്യും ഈ മനുഷ്യന്റെ സഹജമായ പ്രവൃത്തി എന്ന് വെച്ചാൽ സഹജപ്രവൃത്തി എന്ന് പറയുന്നത് എന്താണോ സഹജപ്രവൃത്തി നമ്മൾ പറയും എന്താണ് കുറച്ചുകൂടെ നമ്മൾ ആധുനികന്മാരാണ് അതുകൊണ്ട് ഞാൻ ചോദിക്കും പരിണാമപരമായി നമ്മൾ വന്ന് ചേർന്നിട്ടുള്ള സ്വഭാവവിശേഷങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന എങ്ങനെ വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കി മനുഷ്യപരിണാമത്തിലൂടെ നമ്മൾ വന്നു ചേരുന്ന ഒരു സ്വഭാവശേഷങ്ങളും അതായത് പഴയകാലത്ത് നമ്മുടെ ആഹാരം വേറൊരുത്തൊന്ന് തട്ടിപ്പറിച്ചു കഴിഞ്ഞാൽ കാരണം അന്ന് അവന് ആഹാരം കഴിക്കണമെന്നേ ഉള്ളൂ അത് എങ്ങനെ കഴിക്കണമെന്നുള്ളതിന് നിയമമൊന്നുമില്ല അത് മറ്റൊരു തൻ്റെ കൈ അവൻ എന്ത് ചെയ്യും പോയി അത് തട്ടിപ്പറിക്കും അങ്ങനെ തട്ടിപ്പറിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ കടിക്കും മാന് അടിക്കും ഇത് ഇതൊക്കെ നമ്മുടെ ജീനിലുള്ളതാണ് അപ്പൊ ഇന്നും നമ്മുടെ ആരെങ്കിലും തട്ടിപ്പറിച്ചു കഴിഞ്ഞാൽ പഴയതുപോലെ നമുക്കിന്ന് കടിക്കാനും മാന്താനും ഇടിക്കാനും ഒന്നും പറ്റത്തില്ല പിന്നെയോ നമ്മളെന്ത് ചെയ്യും എന്തു ചെയ്യും നമുക്കിന്ന് നിയമപരമായ വഴികളിലൂടെ പരിഹാരം കണ്ടെത്താനേ നമുക്ക് അവകാശമുണ്ട് അതാണ് നിയമവ്യവസ്ഥ പറയുന്നത് അത് ചെയ്യാൻ പറ്റും നമ്മൾ ആരെങ്കിലും തട്ടിപ്പറിച്ചില്ല അല്ല നമുക്ക് തിരിച്ച നിയമത്തെ അനുസരിക്കാതെ നിയമവിധേയമായിട്ടാവാം നിയമത്തെ അനുസരിക്കാതെ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല പ്രതികരിച്ചാൽ നമ്മളും കുറ്റക്കാരനാ നമ്മളെ ആക്രമിച്ചവരെ പോലെ തന്നെ നമ്മളാക്രമിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും കുറ്റക്കാരാകും എന്നതും അപ്പോൾ പരണാപരമായി നമ്മൾ വന്നിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് സംസ്കരിച്ചു മനുഷ്യൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അവൻ സംസ്കരിച്ച് സംസ്കരിച്ച് അതിനാണ് സംസ്കാരം എന്ന് പറയും അതിനവൻ പുതിയ രൂപം കൊടുത്തു അതാണ് മനുഷ്യൻ നിയമവിധേയമായി പ്രവർത്തിക്കുക അപ്പോ പരന് ഉപദ്രവം ചെയ്യാതിരിക്കുക അതിൽ തന്നെ ധാർമ്മികത മൂല്യ ബോധം എന്ന് പറയുന്നത് എന്താണ് അതിൽ തന്നെ നിയവിധേയമായി പ്രവർത്തിച്ചുകൊണ്ട് മാത്രമായി നിയമം എന്ന് പറയുന്നതിൻ്റെ ഒരു സ്കലിറ്റനാണ് അതിലുപരിയായിട്ട് എന്താണ് മനുഷ്യന്റെ ധാർമ്മിക ബോധം എന്ന് പറയുന്നത് അതുകൂടെ അതിനോട് കൂട്ടിച്ചേർത്തു വെച്ചാൽ നമ്മളെ നമുക്ക് കഴിയുന്നത്ര ഉപദ്രവം ചെയ്ത ഒരു വ്യക്തി ഒരുപാട് ഉപദ്രവം ചെയ്തു നമ്മുടെ സമ്പത്ത് തട്ടിപ്പടുത്തും നമ്മളെ അപമാനിച്ചും പറയുകയും ചെയ്തു പറഞ്ഞല്ലോ ഈ സ്കെൽഷൻ ഉപയോഗിച്ച് നമുക്ക് നിയമപരമായ വഴികളെല്ലാം ചെയ്യാം മറ്റൊന്നുകൂടെ ഉണ്ടകത്ത് എന്താണോ ധാർമ്മികത എന്ന് പറയുന്ന അവിടെ വരുന്ന എന്താണ് എല്ലൊരാളും ഉത്തരവിച്ച് അതുകൊണ്ട് എന്റെ സമ്പത്ത് തട്ടിപ്പറിച്ചു എന്നെ അപമാനിച്ചു ഇതിന്റെ പേരിൽ അവനും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വരണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക അതാണ് ധാർമ്മികത നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക അവനും അനുഭവിക്കട്ടെ എന്ന് ചിന്തിക്കാതിരിക്കുക പരന് അപകാരം ഉപദ്രവം അതുണ്ടായി അവൻ ദുഃഖിക്കണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക എന്ന് മനുഷ്യന്റെ ഏറ്റവും വലിയ മഹത്വം മനസ്സിന്റെ മഹത്വം അതാണ് മറ്റത് എന്താണ് അതൊരു അപ്പം നമുക്ക് പലപ്പോഴും എന്താണോ നമ്മളെ മറ്റെന്ന് പറഞ്ഞാൽ നിയമപരമായ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ അങ്ങനെ ഒരു ധാർമ്മിക ബോധം ഒരാളുണ്ടെങ്കിൽ മറ്റ് നടപടികളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നു അവൻ അനുഭവിക്കട്ടെ എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന കാര്യമില്ല അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് എന്താണോ നമുക്ക് ഇവിടെ പറയുന്നത് മനസ്സിന് നഷ്ടബോധമില്ലാതെ ഒരാൾക്ക് ശാന്തമായും സമാധാനമായിട്ടും ജീവിക്കാൻ പറ്റും ഈ പര ഉപദ്രവ ചിന്തയിൽ ആധ്യാത്മികമായ മനസ്സിൻ്റെ ശുദ്ധി വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ നമുക്ക് വിദ്വേഷം കൊണ്ടുപോകാൻ പറ്റത്തില്ല ഉപദ്രവിച്ചതിന് അതേ അളവിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ അവന് ഉപദ്രവിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ ശക്തനാണെങ്കിൽ ഇപ്പൊ ഇപ്പം നടക്കുന്നതാണ് ഇവരാ മിസ്രയൽ കൊണ്ടും മിസൈലിട്ട് അവർ തിരിച്ചിങ്ങോട്ട് വീണ്ടും പോകാൻ പറ്റും ഇനി അവർ തിരിച്ചങ്ങോട്ട് വീണ്ടും ഇതാണ് ഗോത്രബുദ്ധി രണ്ട് ഗോത്രങ്ങളാണ് ഇവിടെ മനസ്സിൽ ആ പഴയ ഗോത്രബുദ്ധി മാറിയിട്ടില്ല ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ഈ രണ്ട് ഗോത്രങ്ങൾക്കും മനുഷ്യനാശം സാമ്പത്തിക നഷ്ടം അവരുടെ പുരോഗതി പിന്നോട്ടടി ഇവരുടെ വൈരം അവസാനിക്കും ഒരിക്കലും അവസാനിക്കട്ടെ നിന്നാണ് ഗോത്രബുദ്ധി എന്ന് പറയും ഇതല്ലാതെ ഇതിനൊരു പരിഹാരമുണ്ടോ എന്ന് രണ്ടു കൂട്ടരും ചിന്തിക്കുന്നില്ല ചിന്തിക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ രണ്ടു കൂട്ടുകൾ എന്ത് ചെയ്യുന്നു അകന്നിരിക്കും നമ്മള് നോക്കിയിട്ട് നമ്മളെന്താ ചെയ്യുന്നത് നമ്മുടെ ബുദ്ധി ഇങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നത് നമുക്ക് ഒരു പക്ഷമാണ് നമ്മള് ഇസ്രായേലിന്റെ പക്ഷമാണെങ്കിൽ ഇറാനിൽ പോകുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് കൊടുത്തല്ലോ അടി ഇറാന്റെ പക്ഷക്കാർക്കാണെങ്കിലോ ഇസ്രായേൽ കൊണ്ട് പോകുമ്പെടുമ്പോൾ അവന് വലിയ സന്തോഷമാണ് ഈ രണ്ടു പക്ഷത്തിൽ നിന്നും മാറിയ ഒരു മൂന്നാം പക്ഷം അതാണ് ആത്മീയ പക്ഷം രണ്ടുമല്ലാത്തൊരു പക്ഷമുണ്ട് ഈ വയലൻസിൽ നിന്നും മാറിയിരിക്കുന്ന ഒരു പക്ഷം പക്ഷെ നമ്മളെങ്ങനെയാണോ നമ്മൾ സന്തോഷിക്കുകയും സന്താപടുകയും ചെയ്യുന്നത് നമ്മുടെ ഗോത്ര ബുദ്ധി നമ്മുടെ പക്ഷത്തിന് എത്രമാത്രം മറ്റുള്ളവർക്ക് ഉപദ്രവിക്കാൻ കഴിഞ്ഞാൽ അവരാണ് നമ്മുടെ സന്തോഷം ഇത് പ്രാകൃതമായ ഗോത്രചിന്തയാണ് ഇത് മനുഷ്യന് ഭരണാപരമായി സിദ്ധിച്ച സവിശേഷതകൾ തന്നെയാണ് പക്ഷെ മനുഷ്യനവൻ്റെ സാംസ്കാരികമായ മാറ്റം കൊണ്ട് ഇതിനെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും മാറാൻ പറ്റുന്നില്ല ഒരു യാത്ര അതുകൊണ്ട് നമ്മളെ ഉപദ്രവിച്ചവനും കഷ്ടപ്പാട് വരാതിരിക്കട്ടെ എന്ന് ചിന്തിച്ചാൽ അവൻ്റെ ദുരിതത്തിൽ സന്തോഷിക്കാതിരിക്കാനുള്ള ഒരു മനസ്സുണ്ട് ആത്മീയമായി അത് ഇതാണ് അതാണ് ഏറ്റവും മെച്ചപ്പെട്ട ഒരു മറിച്ച് ആണെങ്കിൽ അതിനാണ് പ്രതികാര ബുദ്ധിയും ആധ്യാത്മികമായി അടിസ്ഥാനപരമായി തന്നെ പഠിപ്പിക്കുന്നത് എന്താണ് സഹനം അപ്രതീകാരം ഇത്തരത്തിലുള്ള പ്രതികാരം പ്രതിവിധിയല്ല ശരിക്കുള്ള പ്രതികാരം ആ നമ്മുടെ മനസ്സിൽ വരാതെ നമുക്ക് അതിനേക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ അതിനെയാണ് തിഥിക്ഷ സഹനം എന്ന് പറയുന്നത് ആത്മീയമായ സഹനം അതാണ് നമുക്ക് കഷ്ടനഷ്ടങ്ങളൊക്കെ വരില്ല വരും അതെന്ത് ചെയ്യും വരും അതാണ് തിതുച്ഛ അല്ലെങ്കിൽ പിന്നെ എന്താ തിക്ഷ നമ്മുടെ നഷ്ടത്തെ ഭൗതികമായ നഷ്ടത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ പിന്നെന്താ തിദിക്ഷ സഹനം എന്താണ് ഇതൊക്കെയാണ് ആത്മീയതാന്ന് പറഞ്ഞത് ഇതില്ലാതെ അങ്ങനെ ഒരു ബുദ്ധിയില്ലാന്ന് ലേഷം മാറി അടങ്ങിട്ട് തന്നെ ആത്മീയ പറഞ്ഞു അന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മുടെ ഉപദേശങ്ങളിൽ തന്നെയാണ് നമ്മൾ ഒരുപാട് അകന്നു പോകും ആത്മീയ ഉപദേശകർക്കെല്ലാം എന്നേയും കൂടെ ചേർത്താ ഞാൻ പറയുന്നു ഞാൻ മറ്റൊരാളെ കുറ്റം പറയുന്ന നമ്മുടെ ഇത്തരം സന്ദർഭങ്ങളൊക്കെ ജീവിതത്തെ നേരിടുകയും ഒക്കെ ചെയ്യുന്നവരായ കഴിഞ്ഞ ഇന്നലത്തെ ഒരു വാർത്ത കേട്ടിരിക്കുന്നു കേട്ടിരിക്കുന്നു ജയാ കൃഷോജൻ കേട്ടിട്ടുണ്ടാവും അങ്ങനെ ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഒരു കഥാപാത്രം ജയാ കിശോര് ജയാ കിശോരിയുടെ പ്രത്യേകത എന്താണ് ബംഗാളിൽ ജനിച്ചു കൊള്ളുന്ന ഒരു ചെറിയ പെൺകുട്ടിയാണ് ഇരുപത്തഞ്ചു വയസ്സിനടുത്തേരത്തോ അവരുടെ ഒരു വീഡിയോ ആക്കി യൂട്യൂബിലൊന്നും ഇനിയെങ്കിലും മൂന്ന് നോക്കും രണ്ടു കോടിയേറ്റാണ് വിവേഴ്സ് എന്താണ് പരിപാടി ഭജന രണ്ടു കോടി വിവേഴ്സൊക്കെ കിട്ടുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല ഞാൻ വളരെ കുറച്ച് കാലമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പലതും ഞാൻ കേട്ടിട്ടുണ്ട് കുറച്ചൊരു ഹിന്ദിയുടെ പരിചയം കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് തുടങ്ങിയാൽ വെച്ച് നടത്താൻ പറ്റുള്ളൂ കാരണം ഏതൊരു മനുഷ്യനെയും പിടിച്ചെരുത്തുന്ന ഭജനയാണ് അതിന് പിന്നെ രണ്ടു കോടിയൊക്കെ ഒരു ഭജന വേണം ആരെങ്കിലും അത് വെറും ഭജനയുണ്ട് അവിടെക്കൊന്നും പറയുന്ന കഥ എന്നാണ് കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥാപ്രസംഗ മോഡൽ അതേ ഒരു മോഡലാണ് എന്നുവെച്ചാൽ ഒരു രണ്ടുപേര് പാടും അത് ഒരു പ്രസംഗം കഥാപ്രസംഗം തന്നെ പക്ഷേ ഇത് സ്റ്റേജിൽ ഒരാളെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന പോലെ അടുത്താരും കാണത്തില്ല സംഗീതം മറ്റൊക്കെ മൂലയ്ക്കായിരിക്കും അവരെയും കാണത്തില്ല വളരെ മനോഹരമായ അവതരണം മനുഷ്യനെ പിടിച്ചെടുത്തെന്ന് ആകർഷിക്കുന്നു ഒരു നിഷ്കളങ്കമായ കാരണം എന്താണ് രൂപം വളരെ മനോഹരമാവും ശബ്ദം അതിലും വളരെ മനോഹരമാണ് ആരായാൽ മൊത്തത്തിൽ കണ്ടിരുന്നു പിന്നെ അവതരണ ശൈലി വളരെ മനോഹരമാണ് അത് അതുപോലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇപ്പം ഇല്ല ഇപ്പം നിലവിലില്ല അല്ലെങ്കിൽ ഈ രണ്ടു കൂടിക്ക് എങ്ങനെയാണ് വീഡിയോസ് ഉണ്ടാവുന്നു യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഇഷ്ടംപോലെയുണ്ട് അവരുടെ ഭജൻ ഭജൻസ് അപ്പോൾ അവരെ പറയുന്നു പലരും ആധുനിക മീര എന്നാണ് വീരയുടെ ഭജന തൊക്കെ അപ്പോ കൃഷ്ണഭക്തയാണ് എനിക്ക് കൃഷ്ണൻ അല്ലാതെ വേറെ ഒന്നും വേണ്ട ഇങ്ങനെ ഈ ലോകത്തിൽ യാതൊന്നും വേണം കൃഷ്ണൻ മാത്രം മതി കൃഷ്ണന്റെ ഭക്തി മാത്രം മതി എന്നൊക്കെ അങ്ങനെ വളരെ ഭാവാത്മകമായി പാടുന്ന കേട്ടുകഴിഞ്ഞാല് ഭക്തിയൊന്നുമില്ലാത്തവരും മൊത്തത്തിൽ അതിന്റെ അവതരണത്തിൽ ലയിച്ചിരുന്നു പോകും അതിനുള്ളൊരു കഴിവുണ്ട് ജന്മസിദ്ധമായൊരു കഴിവാണ് പിന്നെ സനാതനധർമ്മത്തിന്റെ വലിയ പ്രചാരകയാണ് ഗോസംരക്ഷണം മുഖ്യ അജണ്ടയായിട്ട് എടുത്തിട്ടുള്ള ആളാണ് ഈ ഭജന കൊണ്ട് എനിക്കൊന്ന് പറഞ്ഞൊരു പത്ത് വർഷമായിട്ടെങ്കിലും അവർ ലൈവിലാണ് വടക്കേന്ത്യയിൽ വിദേശത്തൊക്കെ പോയി ഭജന നടത്തിയ ആൾക്കാരെ ആകർഷിക്കും കോടിക്കണക്കിന് സമ്പാദ്യമുണ്ട് ഇപ്പം അത് സ്വാഭാവികമായിട്ടും വരുമല്ലോ എന്നോടൊപ്പം ജയാ കിശോര് കിഷോരി എന്നുള്ള പിന്നീട് വന്നതാണ് ജയാ ശർമ്മ എന്നാണ് ശരിക്കുള്ള പേര് എൻ്റെ അരിച്ചിന് വളകയും ചെയ്തൊരു നല്ല ഫിഗറാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്പിരിച്വൽ ആർട്ടിസ്റ്റാണ് ഇന്നലെ എന്റെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിരുന്നു അപ്പോൾ അവരുടെ കയ്യിൽ ചെറിയ ഹാൻഡ് ബാഗ് ആ ഹാൻഡ് ബാഗിന്റെ വില രണ്ട് ലക്ഷം അതിനാൾക്കാർക്ക് പരാതിയില്ല അവർക്ക് അത്രയും കാശുണ്ട് രണ്ട് ലക്ഷത്തിന്റെ ഒരു ഹാൻഡ് ബാഗ് പക്ഷെ ഈ ഹാൻഡ് ബാഗ് ഉണ്ടാക്കിയിരിക്കുന്നത് പശുക്കുട്ടിയുടെ തോൽ കൊണ്ടാണ് അതുകൊണ്ടാണ് അതിൻ്റെ രണ്ടു ലക്ഷം രൂപ വില പശുക്കുട്ടിയെ ചെറിയ പശുവിന്റെ കുട്ടിയെ കൊന്നിട്ട് അതിന്റെ പ്രോസസ്സ് ചെയ്ത് അത് കുട്ടിയുടെ തോലെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നേർമയുള്ളതാകാൻ അതുകൊണ്ടേ പറ്റും വളരെ സോഫ്റ്റ് ആക്കി എന്നിട്ടതിനാ കോട്ടം കൂളിനോട് ചേർത്ത് വെച്ച് നെയ്ത് തുണി അതുകൊണ്ട് ബാഗുണ്ടാക്കി കഴിഞ്ഞാൽ അതിന് രണ്ട് ലക്ഷം രൂപ ഒരു ചെറിയ ഇല്ല കാശുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ചു പോകും അവിടെ പ്രധാന ദിവസ സംരക്ഷണമാണ് ഇത് വലിയൊരു ഹ്യൂൻ ക്രൈ ഉണ്ടാക്കി ഇവിടെ ഇതിനകത്ത് അതിൽ ആധുനിക മീഡിയ ഉണ്ടല്ലോ അതിനകത്ത് അപ്പം നിങ്ങൾക്ക് നോക്കിയാലും കിട്ടി വലിയൊരു പക്ഷെ അവരും മറുപടിയൊന്നും പറയുന്നില്ല എന്തായിരിക്കും മറുപടി ഞാൻ ഊഹിക്കുന്ന മറുപടി ഇതാണ് എനിക്ക് ഒരാൾ സംഭാവന എന്നാണ് എനിക്കത് അറിയത്തില്ലേ പശുവിൻ്റെ തോന്നുകൊണ്ട് എന്നൊക്കെ പറയുമായിരിക്കും എന്താണ് എനിക്കറിയത്തില്ല അപ്പോ എന്താണ് ഇവരുടെ മീരയുടെ ഭക്തിയെ കുറിച്ച് പൂർണ്ണമായ വിരക്തിയാണ് അപ്പൊ ആ ആൾക്കാർ ഉപദേശിക്കുന്നത് പക്ഷെ ജീവിക്കുന്നത് തികഞ്ഞ ആഘോടത്തിൽ ആണ് പറയുന്നത് ഇന്നത്തെ ഇതൊക്കെ ജനങ്ങൾ സമൂഹം എന്തെങ്കിലും ദോഷഏകദൃത്തികളാണ് സമൂഹം ഗുണനിർമ്മാണത്തിൽ ഒരു ലക്ഷക്കണക്കിന് മനുഷ്യരെ ഇൻസ്പയർ ചെയ്യുന്ന ആളാണ് കോടിക്കണക്കിന് ഒരു ലക്ഷമാണ് ആധ്യാത്മികമായി പക്ഷേ ദോഷം നല്ലത്തി കഴിഞ്ഞാൽ ദിവരം വിമർശനവും ഉണ്ടാവും അപ്പോ അവര് വിരക്തിയെക്കുറിച്ച് പാടുകയും ആൾക്കാരെ ഉദ്ബോധിപ്പിക്കുകയൊക്കെ ചെയ്യും ലക്ഷറിയായി ചെയ്യുകയും ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് ഉപദേശം ഞാൻ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ ഇത് ഇന്നലെ പറഞ്ഞു ഉപദേശവും മനുഷ്യന്റെ ജീവിതമായിട്ട് യോജിക്കുന്നില്ല ഉപദേശം കേവലം പരോപദേശം മാത്രമായി അഹിംസയെക്കുറിച്ച് ഉപദേശിക്കും അഹിംസ കരുണയെക്കുറിച്ച് ഉപദേശിക്കും ക്രൂരത പ്രവർത്തിക്കും ത്യാഗത്തെക്കുറിച്ച് ആത്മീയ ദാരിദ്ര്യത്തെക്കുറിച്ച് പ്രസംഗിക്കും ലക്ഷറിയായി ജീവിക്കും അവിടെ ഗുണ കൊടുക്കും ഇത്തരം വൈരുദ്ധ്യങ്ങൾ ആത്മീയതയിൽ ധാരാളം അപ്പൊ ഞാൻ ഇന്നലെ ഇത് വാർത്ത വന്നത് പറഞ്ഞു എന്നുള്ളത് ആത്മീയത എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സത്പ്രവൃത്തി അതിനെ കുറിച്ച് അവർ ഒന്ന് നിയമവിധേയമായി നമ്മൾ പ്രവർത്തിക്കുക നിയമത്തെ ലംഘിക്കാതിരിക്കുക ലോകത്ത് മനുഷ്യത്വം നമ്മുടെ പക്ഷത്തായാലും മറ്റുള്ളവരുടെ പക്ഷത്തായാലും തെറ്റുകുറ്റങ്ങളൊക്കെ ഒരുപാട് നട സംഭവിക്കുന്നുണ്ട് ഒന്നിനും നമുക്ക് ശിക്ഷിക്കാനുള്ള അവകാശമില്ല ശിക്ഷാ നിയമവ്യവസ്ഥയ്ക്ക് അവിടെ തന്നെ എന്താണ് നമുക്കൊരാത്മീയ ധാർമ്മികത എന്ന് പറയുന്ന ആ ആത്മീയ ധാർമ്മികതയിൽ നമ്മൾ എന്താണ് വര അപകാരത്തെക്കുറിച്ച് നിൽക്കാതിരിക്കുക എന്തൊക്കെയാണ് ബുദ്ധന്മാരിങ്ങോട്ട് ഉപദേശിക്കുന്നത് അതാണ് ഇന്നലെ മറ്റൊരു വാർത്ത വായിച്ചു ശരിയാണോന്നറിയില്ല ഇവിടെയുള്ള ഈ സനാതനധർമ്മക്കാർ എന്തൊക്കെ പ്രചരിപ്പിക്കുമെന്ന് പറയാൻ പറ്റി ഇസ്രായേലി പട്ടാളക്കാർ യുദ്ധം ചെയ്യുന്നിടത്തിരുന്ന് ഗീത വായിക്കും ഗീത അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുകയാണെങ്കിൽ അത് വളരെ മോശമാണ് അർജുനൻ ചെയ്ത് പിന്നെ ന്യായീകരിക്കാൻ എന്തുകൊണ്ടാണോ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും നമ്മൾ ന്യായീകരണ തൊഴിലാളികളായതുകൊണ്ട് നമുക്ക് ന്യായീകരണം അവിടെ അർജുനൻ ചെയ്ത് തന്റെ നേരെ ഏറ്റുമുട്ടിയ പടയാളികളെയാണ് കൊന്നത് അല്ല ഈ ഇസ്രായേലികള് കൊല്ലുന്നത് പടയാളികളെയല്ല സ്ത്രീകളെയും കുട്ടികളെയാണ് എല്ലാം അടക്കിപ്പിടിച്ച് കൊല്ലുകയാണ് മഹാര ഭാരത യുദ്ധത്തിന് അങ്ങനെയല്ല കൊന്നത് ഇത് സത്യമാണോ എന്ന് വിചാരില്ല കേട്ടോ ഇങ്ങനെ അതിൽ വലിയ വാർത്തയായി വന്നുകൊണ്ടാണ് അത് ഗീതയുടെ മഹത്വമായിട്ട് പറയുന്നത് അങ്ങനെ ഈ കൊച്ചുകുട്ടികളെ പത്തോ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയെ ഇങ്ങനെ കൊന്നു വലിയൊരു വാർത്തയായി ഇങ്ങനെ നേരെ വെടിവെച്ചാ പറഞ്ഞു എന്താ ബോംബട്ട് പഞ്ചത്ത് ഇതിനെയൊക്കെ ഗീത വെച്ച് ന്യായീകരിക്കുക വയലൻസിനെ ന്യായീകരിക്കുക രണ്ടു കൂട്ടരും ആക്രമം എന്നുള്ള വാക്കുപയോഗിക്കില്ല രണ്ടു കൂട്ടരും പറയുന്ന എന്താണ് പ്രതിരോധം എന്നാണ് ആർക്കും പ്രയോഗിക്കാം പ്രതിരോധം ശരി പ്രതിരോധിച്ചോട്ടെ ആയുധമെടുക്കാത്തവരെ എന്തിനു കൊല്ലണം ആ വംശയാണ് അതിനെ ഗീതയെ കൊണ്ടുവരുന്നവിടെ ഒന്നോട്ടെ അവിടെ ഗോത്ര സ്വഭാവം കാണിക്കുന്നു രണ്ടു കൂട്ടർ ഒരടിച്ചു കയറുകട്ട് അവിടെ ഗീതയെ കൊണ്ടുവന്നിട്ട് ഗീതയുടെ മഹത്വമാണെന്ന് പറയുന്നത് എന്ത് ഭ്രാന്താണോ മനുഷ്യൻ അത് സനാതനധർമ്മത്തിന്റെ നമ്മുടെ ഗവൺമെന്റ് പോലും ഇതിനെ അനുകൂലിക്കില്ല എങ്ങനെയെങ്കിലും സമാധാനത്തിലൂടെ പരിഹരിക്കണമെന്നുള്ള ഒരു നിലപാടാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് കാരണം ഗവൺമെന്റിന്റെ രണ്ടു കൂട്ടരുമായിട്ടും വ്യാപാര ബന്ധങ്ങളുണ്ട് ഒരുപക്ഷത്തു നിന്നുകൊണ്ടും മറുപക്ഷത്തെ ആക്രമിക്കാൻ പറ്റത്തില്ല ഇന്നത്തെ സ്ഥിതിക്ക് ഭാവി അപ്പോ ഒരു രാഷ്ട്രീയ നയം എന്നുള്ള രണ്ടു കൂട്ടരും പരിഹരിക്കുന്നു എന്നുള്ളൊരു നിലപാടി ഇന്നെടുക്കാൻ പറ്റും അപ്പോ ഇതൊന്നും ശരിയല്ല അതല്ല ആത്മീയ ഇപ്പൊ സദാചാരം എന്ന് പറയുമ്പോ നിങ്ങൾ ഗീതയൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആത്മീയതയ്ക്കും യാതൊരു സ്ഥാനമാണ് എന്നെ പറയുമ്പോൾ മനസ്സിൽ ഉപദ്രവചിന്ത ഇല്ലാതിരിക്കുക അങ്ങനെ ഹിംസാത്മകത ഇല്ലാതിരിക്കുക മനസ്സിൽ വയലൻസ് ഇല്ലാതിരിക്കുക അക്രമോത്സുഖത അക്രമിക്കുക അതില്ലാതിരുന്നാൽ മാത്രമേ അവിടെ എന്തോ ഒരു ആത്മീയത എന്ന് പറയുന്നുണ്ടാവൂ അല്ലാതിന് ചിത്തശുദ്ധി എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുണ്ടോ ശുഭവാസന എന്ന് പറയുന്നതിന് പിന്നെന്താ അർത്ഥമുണ്ടോ അപ്പൊ ശുഭപ്രവൃത്തി എന്ന് പറയുന്ന അങ്ങനെയാണ് നിയമവിധേയമായിരിക്കണം അതേസമയം തന്നെ അത് ധർമ്മികൾ മൂല്യവത്വമാണ് ആത്മീയ ധാർമ്മികതയുണ്ട് ആത്മീയ ധാർമ്മിക എന്ന് പറഞ്ഞതാണ് പരാ അപകാരത്തെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റൊരാള് തൻ്റെ എത്ര വലിയ ശത്രു ആയാലും ശരി അവൻ കഷ്ടപ്പെടുന്നതിന് ഗൂഢമായി സന്തോഷിക്കാതി അങ്ങനെയുണ്ട് എന്തായാലും നമ്മുടെ ഒരാൾ ഒരുപാട് ഉദ്രവിച്ച ആൾ ഒരുപാട് കഷ്ടപ്പെടും രോഗമൊന്നും കഷ്ടപ്പെട്ടാന്നു നമ്മുടെ ഉള്ളിൽ ഗൂഢമായ സന്തോഷം വരും പുറമേ പ്രകടിപ്പിക്കത്തില്ല അങ്ങനെ അനുഭവിക്കട്ടെ വരും ഇല്ലേ അങ്ങനൊരു ഗൂഢസന്തോഷം നമ്മളിവിടെ വരും ഇല്ലേ അനുഭവിക്കട്ടേമില്ലേ തെറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ അനുഭവിക്കട്ടേന്നുമില്ല അവിടെ നിങ്ങളിൽ എന്നിൽ ചേർത്ത് പറയാറ് ഒരു ശതമാനം പോലും ആത്മീയതയിൽ എന്നും പറയേണ്ടി വരും കാരണം അത് പകയുടെ മനസ്സാണ് ശാന്തിയുടെ സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ മനസ്സൊന്നും അല്ല കാരണം നമ്മൾ സ്നേഹത്തെക്കുറിച്ച് ശാന്തിയെക്കുറിച്ച് സമാധാനത്തെക്കുറിച്ചും പറയുമ്പോഴും നമ്മളവിടെ എന്ത് ചെയ്യുന്നു നമ്മുടെ ഉള്ളിലെ വിദ്വിഷയങ്ങൾ പാക്ക ഒളിപ്പിച്ചു വെക്കുക എന്നിട്ട് അതിനെ തലോലിക്കുകയും അതിനെ പുഷ്ടിപ്പെടുത്തുകയും അതിൽ ആനന്ദിക്കുകയും ചെയ്യണം അതാണ് വേറൊരാൾ നമ്മുടെ ശത്രുവിന്റെ ദുഃഖത്തിൽ നമ്മൾ ഗൂഢമായി ആനന്ദിക്കും ചിലര് പരസ്യമായി തന്നെ ആനന്ദിക്കും അങ്ങനെയും അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ സത്പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മള് രണ്ടു തരത്തിൽ നോക്കണം ഒന്ന് നമുക്ക് പറഞ്ഞത് മറ്റുള്ളവരെ അതെങ്ങനെ ബാധിക്കും മറ്റൊന്നും നമ്മളെ ആത്മീയമായി അതെങ്ങനെ സ്വാധീനിക്കും രണ്ടും നോക്കും അത് തന്റെ ശാന്തിക്കും അതുകൊന്നതായിരിക്കുന്ന അത് ഗൂഢമായ ആനന്ദമായിരിക്കരുത് മറ്റുള്ളവനും അതൊരു ഒരു കാരണവശാലും മറ്റുള്ളവനെ ഒരു നരകത്തിലേക്കും തള്ളി വിടാനുള്ള പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല നമ്മളെ ചത്തുവാണെങ്കിൽ പോലും നരകത്തെ നരകം ആർക്കും അപലക്ഷണീയമല്ല ആർക്കും നമുക്കായതും നമ്മളിത്ര അങ്ങോട്ട് തള്ളിവിടുന്ന ഒരു പ്രവൃത്തിയായി ഇതാണ് സുപ്രവർത്തി ഇതുകൊണ്ട് എന്താ ഗുണം നമുക്ക് ശാന്തിയുണ്ട് സമൂഹത്തിനും നമ്മളോട് സഹകരിക്കുന്നവർക്ക് ശാന്തിയുണ്ടാവും അതാണ് ആ പഴയ പാട്ടി പറഞ്ഞ എന്താണ് അപ്രതീകാരപൂർവകം സഹനം നമ്മളെത്രയൊക്കെ അപകീർത്തിപ്പെടുത്തിയാലും നമ്മളെത്രയൊക്കെ ഉപദ്രവിച്ചാലും എന്താണ് മൗനമായി സഹിക്കുക കഴിയും നിശബ്ദമായി സഹിക്കുക എങ്കിൽ നമ്മളിൽ ആത്മീയതയുണ്ട് അത് ശീലിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമുക്കത് കഴിയാറില്ല നമ്മൾ പലപ്പോഴും അവിടെ പരാജയപ്പെട്ടു പക്ഷെ എപ്പോഴെങ്കിലും നമ്മളത് വിജയിക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആത്മീയമായ വിജയം എന്ന് പറയും അതില്ലാതെ നമ്മളീ കാണിക്കുന്ന കോപ്രായങ്ങളുണ്ടോ ജപവും മന്ത്രവും ധ്യാനവും അതൊക്കെ വേസ്റ്റ് ഇതില്ലെങ്കിൽ അതൊക്കെ വേസ്റ്റാണ് അതൊക്കെ വെറും പ്രകടനപരം അത്രേ ഉള്ളൂ ഒന്ന് ഉള്ളില് സ്പർശിക്കുന്നു മനസ്സിന് സ്പർശിക്കുന്നു പ്രകടനപരമായെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആന്തരികമെന്ന് പറയുന്നത് എന്താണ് അതൊരു ശ്മശാനമാണ് ശ്മശാനം പോലെയായിരിക്കും അവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ചീഞ്ഞ് മാറുന്നുണ്ടാവും കരിഞ്ഞു മാറുന്നുണ്ടാവും അപ്പം അതല്ല വേണ്ടത് ആധ്യാത്മിക ജീവിതത്തിൽ അപ്പോ വൈര്യവും വിദ്വേഷവും മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് പ്രവർത്തിക്കും എങ്കിൽ അത് കുറെങ്കിലും പ്രായോഗികമാക്കാൻ ഇവിടെ പറയുന്ന പോലെ അത് ശുഭവാസകൾ എന്നും കൊടുക്കൊണ്ട് ഇതാനി മീ ജന്മത്തിലായെന്ന് ശരി നിന്റെ വാസന അതുകൊണ്ട് എന്താണ് അഭ്യാസം കൊണ്ട് അതുകൊണ്ട് ശുഭ അഭ്യാസം സത്പ്രവൃത്തിയുണ്ട് സത്പ്രവൃത്തിനാണ് തിരിച്ചറിയുക അല്ലാതെ പുരാണങ്ങൾ വായിച്ചിട്ടോ സ്മൃതികൾ വായിച്ചിട്ടോ വേദം വായിച്ചിട്ടോന്നും അല്ല സത്പ്രവൃത്തിയെ സത്പ്രവൃത്തിയെ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മളെ ചുറ്റുപോലെ നിന്നും ഈ സമൂഹത്തിൽ നിന്നും ഏതാണ് തനിക്കും അന്യനും ഹിതമായിരിക്കുന്നതെന്ന് മനസ്സിലാക്കി തിരിച്ചറിയുക പ്രവർത്തിക്കുക അതാണിന്ന് പറയും എഴുതിയൊരു പഴയ പശ്ചാത്തലത്തിലാണ് അവിടെ അഭ്യാസം എന്നൊക്കെ പറഞ്ഞാൽ ആവത്തിട്ട് പറയാറ് നമ്മ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആചാരമെന്ന ശബ്ദം കേട്ടുകഴിഞ്ഞാൽ തന്നെ അവിടം പറയാം ചാത നമ്മൾ വ്യാഖ്യാതാക്കളെ കാണുന്ന മാണ്ഡൂ്യത്തിലുള്ള പാലം ബാ സമാര സമാചാരം പാലം നമ്മുടെ ഒരു ബന്ധമുണ്ട് ശങ്കരായ ചാടിക്കാർ വ്യാഖ്യാനിച്ചു സമാചാരം ഒന്നിച്ചാൽ ചാതർ പറഞ്ഞു ഓരാവശ്യമുണ്ട് വേറെ ഒരു ബുദ്ധിയും വരുന്നില്ല പഴയ ബുദ്ധിയാണ് എഴുതിയത് ചിലപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടായിരിക്കും പക്ഷെ ഇന്നങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ പറയുന്ന വാസന ഈ വാസന എന്ന് പറയുന്നത് എന്താണ് ഞാൻ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് വാസനയെ കുറിച്ച് പറയണം അത് മറന്നിട്ടല്ല പറയും എളുപ്പമൊന്നും ഞാൻ പറയുന്ന മറക്കത്തില്ല എന്താണ് വാസന എന്ന് പറയുന്നത് എന്താണ് ോർമ്മയുണ്ടല്ലോ ഉണ്ടോ അതൊരു മിത്താണ് അങ്ങനത്തെ ഒരു സാധനം ഇല്ല മനസ്സിലാകെ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു കൊണ്ടിരുന്ന അതാണ് വാസന എന്ന് പറയുന്നതാണ് ഇംഗ്ലീഷില് ടെൻഡൻസി എന്ന് പറയുന്നത് ഹിന്ദിയിൽ വേറെ പദം പറയാം ഇപ്പഴേ നമ്മുടെ ഈ ശാസ്ത്രങ്ങളെഴുതി വെച്ചിരിക്കുന്ന വാസനമൊരുന്ന് വെറും ഒരു മിത്തം അങ്ങനെ സാധനമേ ഇല്ല അതാണ് ഞാൻ ഈ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ട് വരുന്ന പെട്ടെന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ െട്ടിപ്പോകെന്ന് പറഞ്ഞാൽ ഞാൻ അത് പറയാത്ത രണ്ടുമൂന്ന് ദിവസം കൊണ്ട് പെട്ടെന്ന് പറഞ്ഞാലും കണക്ക് തന്നെ പതുക്കെ പറഞ്ഞാലും കണക്ക് തന്നെ എന്ത് കേട്ടാലും നിങ്ങൾക്ക് പറയണം എന്നില്ല കാരണം അതൊരു ഭാവനയാണ് ഒരു സങ്കല്പമാണ് വാസന കാരണം ഇവര് സങ്കല്പിച്ചു എന്താണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു ഇതൊക്കെ നമ്മുടെ അന്ധക്കരണത്തിൽ വാസന എന്ന് പറയുന്ന ഒരു സംസ്കാരം ഇരിക്കുന്നു അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നു എന്നാണ് അത് പൂർവ്വജന്മത്തിലെയും ഈ ജന്മത്തിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നല്ല നമ്മുടെ അന്ധകരണത്തിൽ അദ്വൈതികൾ പറയുന്നു വാസന എന്ന് പറയുന്ന ഒരു സംസ്കാരം ഉണ്ടാകുന്നു എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാടിനാണ് അതൊരു മിത്തം എന്ന് പറയുന്നു അങ്ങനെ ഒരു ഏർപ്പാടില്ല ഇല്ലെന്ന് പറയുന്നു അങ്ങനെ ഇല്ലെന്ന് പറയാൻ ഞാനാരും പേരെ തേഴ്തി വച്ചിരിക്കുന്നത് ഇല്ലയെന്ന് പറയാൻ ഞാനാരാ ഞാനല്ല പറയുന്നത് ആധുനികമായ ശാസ്ത്ര തന്നെ വെളിച്ചത്തിൽ നോക്കുമ്പോ പറയുന്നു അല്ല എന്റെ അഭിപ്രായം അതാണ് ഞാൻ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഈ അദ്വൈതത്തിന്റെ ക്ലാസ്സുകൾ ഇത്രയും വർഷം ഇത്രയെടുത്തു ഞാൻ ഒരിടത്തും ഈ വാസനാശം എന്ന് പറയുന്ന ഒരു വിഷയം ചർച്ച ചെയ്തിട്ടേ അത് ആവശ്യമുള്ളതാണ് രീതി ചർച്ച ചെയ്തിട്ടുണ്ട് കാരണം അതിനുള്ളൊരു സാധ്യതയില്ല പിന്നെ എന്തിനാണ് ഈ പറയുന്നത് ഇവർ പറയുന്നത് എന്താണോ പറയുന്നതല്ല നമ്മുടെ മെമ്മറിയെക്കുറിച്ചാണ് നമ്മുടെ ഓർമ്മകളെക്കുറിച്ചാണ് ഈ പറയുന്നത് അതാണ് പറയുന്നത് നമ്മുടെ ഓർമ്മകൾ രണ്ട് തരത്തിലാണ് ഓർമ്മ എന്ന് പറയുന്നത് പ്രകടമാകുന്ന ബോധമാണ് അത് പ്രകടമാകുന്ന രണ്ട് തരത്തിലാണ് ഒന്നെങ്ങനെ പാരമ്പര്യമായ നമ്മുടെ ജീനികളിലൂടെ നമ്മൾ വന്നുചേർന്നു അതിൻ്റെ പ്രവർത്തനമായി അതിരിക്കുന്നത് ഇവർ പറയുന്ന പോലെ മനസ്സിലോ മറിച്ച് നമ്മുടെ കോശങ്ങളിലാണ് ജീനിയിരിക്കുന്നത് അതിൽ അത് മാതാപിതാക്കളിൽ നിന്നും വന്നതാണ് ആ സൈബോട്ടിൽ നിന്നും ഒന്നാണ് അതെന്ത് ചെയ്യുന്നു നമ്മുടെ ശരീരത്തിൽ കോശങ്ങളിലിരിക്കുന്ന സാധനം അതിൽ നിന്നാണ് ഒന്നും അതാണ് മനുഷ്യനെ മനുഷ്യനാക്കി നിർത്തുന്നത് ആണിനെ ആണാക്കി നിർത്തുന്നു പെണ്ണിനെ പെണ്ണാക്കുന്നു രണ്ടും അല്ലാത്തവരെ അതാക്കുന്നത് മൃഗങ്ങളെ അതാക്കുന്നു പക്ഷികളെ അതൊക്കെ നല്ല അജീനുകളാണ് അന്ന് മനുഷ്യൻ കണ്ടുപിടിച്ച കാര്യമാണ് അന്ധകരണത്തിനതുമായിട്ട് യാതൊരു ഇടപാടുക പിന്നെ രണ്ടാമത് വരുന്നത് എന്താണ് ഇവിടെ പറഞ്ഞത് ഇതായി ഈ ജന്മത്തിൽ ഈ ജന്മത്തിൽ ഈ ഓർമ്മകളൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെയാണ് അത് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനം കൊണ്ടാണ് അതൊന്നും മനുഷ്യന് വളരെ ബോധ്യമുള്ള കാര്യമാണ് അത് ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ച ഒരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി അവിടെ മുതലാണ് മനുഷ്യൻ ഇതിനെക്കുറിച്ച് കാര്യമായി പഠിക്കാൻ തുടങ്ങിയത് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഉദാഹരണം ഒരു എപ്പിലപ്സി രോഗം ബാധിച്ച ഒരാളെ ഹെൻട്രി എന്നിട്ടാണ് അയാളുടെ അയാളെ എപ്പിലെപ്സി മാറ്റാൻ വേണ്ടി ഒരു സർജറി നടത്തി അന്ന് ഇത്രയും സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ അയാളുടെ ഹിപ്പോകമ്പസ് എടുത്തതാണ് പിന്നെ അയാൾ വർഷം ആരോഗ്യവാനായി ജീവിച്ചിട്ടുണ്ട് പക്ഷെ ഒരു പ്രശ്നം എന്താണ് അയാൾക്ക് ദീർഘകാല ഓർമ്മകളൊന്നും തന്നെ ഇല്ല എപ്പിസോഡിക് മെമ്മറീസ് ഒന്ന് പറയും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരുമ്പോൾ രണ്ടു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ അതും മറന്നു നോക്കും പിന്നെ അത് കാണത്തില്ല പിന്നെ ഇളങ്ങനെ അമ്പത്തഞ്ച് വർഷം വരെ ജീവിച്ചിരുന്നു എന്നിട്ട് നമ്മുടെ ഈ മെമ്മറിയെന്ന് പറയുന്നത് സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് ബ്രെയിനിന്റെ ഭാഗം പടം വരച്ച് പഠിപ്പിച്ച് തല്ലുമാങ്ങ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് കൂടുതൽ പഠിച്ചിട്ടുള്ളവരും കാണും അഞ്ചിതൊക്കെ എന്തിനു പഠിക്കുന്നു എന്നും അറിയില്ല സാറുമാർ പഠിക്കാൻ പറയുന്നു പഠിക്കുന്നു സാറുമാർക്ക് അറിയില്ലെന്തിനിക്കുന്നു അവർക്കും അത്രയുള്ള വിദ്യാഭ്യാസം ബ്രെയിനിന്റെ പല ഭാഗങ്ങൾ ഇന്റർ കണക്റ്റഡാണ് അതിന്റെ കൂടി ചേർന്നുള്ള പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ ഈ മെമ്മറി ഉണ്ടാവുന്നത് അല്ലാതെ വാസന ഉണ്ടെന്നുണ്ടാകുന്നില്ല അങ്ങനെ ഒരു സാധനമില്ല എന്നാലും ചില മെമ്മറികൾക്ക് ചില ഭാഗങ്ങൾക്ക് പ്രാധാന്യമാണ് ഉദാഹരണം നമ്മുടെ ഈ ദീർഘകാല മെമ്മറികൾക്ക് ഇപ്പോൾ കമ്പിസ് ആണ് അതാണ് പ്രവർത്തിക്കുന്നത് ഇപ്പം നമ്മുടെ ചില മെമ്മറികളുണ്ട് നമുക്ക് കുട്ടിക്കാലം തന്നെ ചില സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകും അതൊരു വൈകാരികമായൊരു മെമ്മറിയാണ് സൗഹൃദങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിഷാദം അതും വൈകാരികമായ മെമ്മറിയാണ് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നപ്പോ അത് കാണത്തില്ല ഉണ്ടാകുന്ന സന്തോഷകരമായ പുറമൊക്കെ അതായത് അമിത് ഡാലയുന്ന ഭാഗത്താണ് ഈ മെമ്മറി രൂപപ്പെടുന്നത് അവിടെയാണ് അവിടെ മാത്രമല്ല എന്നാ കൂടെ ചേർത്തിട്ടാണെങ്കിൽ പ്രധാനമായിട്ടും അവിടെയാണ് ഓരോ ഭാഗങ്ങൾക്ക് പ്രതികരിച്ചത് ഇത് ആദ്യമായി മനുഷ്യൻ തിരിച്ചറിയുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലെ ഈ സർജറിക്ക് ശേഷമാണ് കൃത്യമായി മനസ്സിലാക്കുക ഈ മനുഷ്യന് പിന്നീട് കാര്യവിതലം ചെയ്ത് ജീവിക്കാൻ പറ്റും കാരണം അയാളുടെ മറ്റ് ചില ഭാഗങ്ങൾ ഭദ്രമായിട്ടിരുന്നു കേടുകൂടാതെ ബേസിൽ ദാംഗ്ലിയ എന്നൊക്കെ പറയുന്ന ഭാഗം അത് ഭദ്രമായിരുന്നു കൊണ്ട് ഡ്രൈവിംഗ് പോലുള്ള കാര്യങ്ങൾ മോട്ടറിന് മെമ്മറിയെന്ന് പറയുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു മസ്ലിൻ മെമ്മറി അതൊന്നും നഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അയാളുടെ ജീവിതത്തിലെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതിന് അയാൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായി പഴയ കാര്യങ്ങൾ ഓർക്കാൻ പറ്റി കാരണം അത് വേറെ സ്ഥലമാണ് വേറെ സ്ഥലങ്ങളിലാണ് അത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടത്തഞ്ച് വർഷം വരെ വളരെ ചെറുപ്പത്തിൽ ഈ ഓപ്പറേഷൻ നടത്തിയിട്ടും അമ്പത്തഞ്ച് വർഷം വരെ ആരോഗ്യവനായി ജീവിച്ചത് വ്യക്തമായ തെളിവാണ് നമ്മുടെ ഓർമ്മകൾ നമ്മുടെ ബ്രെയിനിനെ ആശ്രയിച്ചാണ് രൂപം കൊള്ളുന്നത് നിലനിൽക്കുന്നത് വൃദ്ധയെ പ്രാപിക്കുന്നതല്ല അല്ലാതെ അവിടെ വാസന എന്ന് പറയുന്ന ഒരു സാധനം ഒന്നും അന്തക്കരണത്തിൽ വാസന എന്ന് പറയുന്ന ഒരു പഴയ ആൾക്കാർ എഴുതി കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ അത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക ആവർത്തിക്കുക കാര്യം മനസ്സിലാക്ക അബദ്ധമാണ് ഈ പഴയകാലത്ത് അമ്മൂമ്മമാര് വീട്ടിലാരെങ്കിലും ഈ തലവേദന ആയി കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് കടുകൊഴിഞ്ഞ് അടുക്കലുള്ള അങ്ങ് വില കടപ്പാണോ അത് തലവേദന മാറി ഈ തലവേദന എടുക്കുന്ന ആണ് മുറങ്ങി കിടന്ന് ഉറങ്ങും ഉറങ്ങിയിണീന്ന് തലവേദന മാറും വീണ്ടും പുറത്തൊക്കെ പോയി വെയിലെല്ലാം കൊണ്ടിട്ട് വരുന്ന തലവേദന അമ്മമ്മ ഈ പ്രയോഗം നടത്തും പോയിടുന്നുടങ്ങും ഇത് മൈഗ്രൈൻ ആണെന്നുള്ളത് അവർക്ക് അറിയത്തില്ല വേല് കൊള്ളുമ്പോൾ തലവേദന വരിക മണമടിക്കുമ്പം തലവേദന വരിക എന്നൊരു മൈഗ്രൈനാണ് പലർക്കും ഉണ്ടാവുന്നതാണ് സ്ത്രീകൾക്കാണ് കൂടുതലുണ്ടാവുക പക്ഷെ പഴയ അമ്മമാർ എന്റെ ചികിത്സയാണ് എന്താണ് കടുവഴിഞ്ഞ് അടുപ്പെടുക്കുക ഏ ആ കണ്ണ് തട്ടിയെന്ന് അവര് പറയും ഇതിന്നും ചെയ്യേണ്ട വണ്ടി പമ്പര വണ്ടികളിന്നും ഇന്ന് ചെയ്യണമെന്നുള്ളതാണ് പ്രശ്നം പണ്ട് ജീവിത ശരി രാഷ്ട്ര സംസ്കാരമാണ് അതുകൊണ്ട് ഇന്നും ചെയ്യണമെന്ന് പറഞ്ഞു അവിടെയാണ് എനിക്ക് യോജിപ്പില്ലാത്തത് ഇന്ന് നല്ലൊരു ഡോക്ടറെ കൊണ്ട് ചികിത്സിച്ചാൽ നമുക്ക് നിയന്ത്രിക്കാം എന്നെ പറയാൻ പറ്റും നിയന്ത്രിച്ച് ജീവിക്കാം ജീവിതത്തിന് വലിയ അസൗകര്യം ഇല്ലാതെ കൈകാര്യം ചെയ്യാൻ പറ്റും പൂർണ്ണമായും മാറ്റാൻ പറ്റും എന്ന് പറയാൻ പറ്റും അതെന്റെ തീവ്രത അനുസരിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ഈ കടുക് പൊട്ടിക്കുന്നത് പരമാവധമാണ് നിങ്ങളൊക്കെ പൊട്ടിക്കാറുണ്ടോ എന്ന് എനിക്കറിയാം പൊട്ടിക്കേണ്ടവരാണ് നിങ്ങൾ എന്റെ ഒരു ഇവിടെ മുളകുമുണ്ട് ഞാൻ എന്റെ അമ്മൂമ്മ കടുക് പൊട്ടിക്കുന്ന ഞാൻ അത് തന്നെ കാരണം എന്തെന്ന് വെച്ചാൽ അലുപ്പ് വിറകെടുപ്പല്ലേ അത് എപ്പോഴും കത്തിയിക്കത്തില്ല അത് ചാരം മൂടി കിടക്കും ചിലപ്പോ മുളക നീങ്ങി കഴിഞ്ഞാൽ കത്തത്തില്ല കത്തിയില്ലെങ്കിൽ മണം വരത്തില്ല അപ്പൊ അതിന്റെ സയൻസ് അതാണ് അതുപോലെയാണ് ഈ കാര്യങ്ങളല്ല ഈ മനുഷ്യന്റെ കാര്യം ഞാൻ പറഞ്ഞത് അയാളുടെ ഈ സരിബെല്ലം ഒന്നും കേടുപറ്റിയില്ല ഈ മോട്ടർ മെമ്മറിയും മസിൽ മെമ്മറിയൊക്കെ അതിനെ ആശ്രയിച്ചാൽ അതുകൊണ്ട് അയാൾക്ക് വല്യ കുഴപ്പമൊന്നുമില്ല ജീവിച്ചു പോകാൻ പറ്റും ഇന്നിപ്പോൾ ന്യൂറോ സയൻസ് പ്രൊഗ്നിറ്റീവ് സയൻസൊക്കെ ഒരുപാട് ഒരുപാട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഈ വാസനയുടെ ലോകത്തൊക്കെ ജീവിക്കുന്നതിന് ഈ വാസന പറയുന്ന ആശയം വന്ന് എന്തുകൊണ്ടാണ് നേരത്തെ ഉള്ള പോവും അതിൽ പൂമ്പടി ഉണ്ട് അതിൽ നമുക്ക് സുഗന്ധം ഉണ്ടാകും അത് കണ്ടുകൊണ്ട് ആ ഉപമ കണ്ടുകൊണ്ടാണ് ഈ സിദ്ധാന്തങ്ങളത് പഴയകാലത്തെ ഭാവനാശാലികളായ ആൾക്കാർ സിദ്ധാന്തങ്ങളുണ്ടാകും ഭാവന കൊണ്ട് കവിത എഴുതുന്നവർ വിഡ്ഢികളെന്ന് പറയാൻ പറ്റില്ല ഭാവന അങ്ങനെയാണ് കാളിദാസിനു വെഡ്ഡി എന്ന് വിളിക്കാൻ പറ്റും പറ്റത്തില്ലല്ലോ കാരണം കാളിദാസൻ ഭാവനാ സമ്പന്നനാണ് മേഘദൂരം കുമാരസംഭമൊക്കെ വായിച്ചു എത്ര ഭാവന സമ്പുഷ്ടമാണ് കാളിദാസിനൊരിക്കലും വെഡ്ഡിയല്ല പക്ഷെ ഇതൊക്കെ വായിച്ചിട്ട് സത്യമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടാവും അവരെ വെഡ്ഡിയെന്ന് പറഞ്ഞാലും പോരാ പമ്പര വെഡ്ഡി എന്ന് അവിടെയാണ് പ്രശ്നം അപ്പോൾ പഴയകാലത്ത് അവർക്ക് വേറെ ഒന്നും ഇല്ലല്ലോ അവർക്കിതിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ ഒരു അറിവുമില്ല പക്ഷെ അവരെഴുതുന്നതിന് നമ്മൾ ശാസ്ത്രം എന്നാ പറയുന്നത് ശാസ്ത്രീയതയില്ലാത്ത ശാസ്ത്രം അപ്പം അവരുടെ ഭാവന അനുസരിച്ച് അവർ പലതും കഴിഞ്ഞ വെച്ചിട്ടുണ്ട് ആ ഭാവന അനുസരിച്ച് ചോദിച്ചാൽ നമ്മൾ ഭാവനയൊക്കെ കാണുക നല്ല കാര്യമാണ് നല്ല ഭാവനയുള്ളവരാണ് അത് വായിച്ച് ആസ്വദിക്കുക അതിന് തിരിച്ചൊന്നും പക്ഷെ അത് സത്യമാണെന്ന് കരുതാൻ പറ്റും അതുകൊണ്ട് നമ്മുടെ ഈ മെമ്മറി എന്ന് പറയുന്ന ഓർമ്മ എന്ന് പറയുന്ന സ്മൃതി എന്ന് പറയുന്നത് നമ്മുടെ ജ്ഞാനവിശേഷം അതെങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടും പഴയകാലത്തുള്ളവർ കണ്ടെത്തിയ ഭാവനയിൽ കണ്ടെത്തിയ ഒന്നാണ് ഈ വാസം അതിനപ്പുറം അതിന് അതൊരു മിത്താണ് അതിന് യാതൊരു യാഥാർത്ഥ്യവും വസ്തു യാഥാർത്ഥ്യവും നല്ലൊരു ഭാവനാ മൂല്യം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് വാസനാ നാശത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് വല്യ അപകടം പിടിച്ച കാര്യമുണ്ട് ഒന്നും സംഭവിക്കാത്തോണ്ടാണ് എല്ലാവരും രക്ഷപ്പെട്ടുപോകുന്നത് നിങ്ങളീ വാസന നശിപ്പിച്ച എന്തു വരും നിങ്ങളുടെ വാസന നിങ്ങൾക്ക് ഒന്നാമതും നശിപ്പിക്കാൻ പറ്റില്ല രണ്ടാമത് പാർക്കിംഗ് സെൻസൊക്കെ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളെ സർക്കെല്ലാം എല്ലാം തകരാറിലാവും എന്നുവെച്ചാൽ പിന്നെ നമുക്ക് നമ്മുടെ ഈ പറയുന്ന മോട്ടർ മെമ്മറിയൊക്കെ നഷ്ടപ്പെടും നമുക്ക് ചലനം തന്നെ സ്വാഭാവികമായ ചലനം തന്നെ അസാധ്യമാണ് വാസന നശിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടും എന്നൊക്കെ പറയുന്നത് പരമാബദ്ധമാണ് പിന്നെ മറ്റൊന്ന് വന്ന ലക്ഷ്യം കഴിഞ്ഞ സാർ പല അസുഖങ്ങളുടെയും പേര് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ഓർമ്മ നശിക്കാൻ പാടില്ല ഒരിക്കലും ആ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഓർമ്മിക്കാതിരിക്കാം എനിക്കിഷ്ടമില്ല ഓർമ്മിക്കുന്നില്ല പറ്റുമെങ്കിൽ നല്ലതാണ് നശിച്ചവർക്ക് പ്രശ്നമാകും ജീവിതമെന്ന് പറയുന്ന ദുസ്സഹമായിരിക്കും നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ അത് ബാധിക്കും പല മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും ആശ്രയിച്ചാലും നമുക്ക് വെളിവില്ലാത്ത വാസന ഒരു മിത്താണ് വാസനാശത്തിന് വേണ്ടിയിട്ട് നീ ഇവിടെ മുൻകൂട്ടി പറയുക പ്രയത്നങ്ങളെന്നൊക്കെ പറയുന്നത് ഈ ആകാശത്തിൽ മുഷ്ടി ചുരുട്ടി പോലെയാണ് സ്വന്തം കൈ വ്യാദിക്കുമെന്നുള്ള ഇന്നതൊക്കെ അപപാഠമാണ് അപ്രസക്തമായ കാര്യങ്ങൾ ഇന്ന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് വാസനയെ നശിപ്പിക്കാനല്ല ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ബ്രെയിനിനെ സംരക്ഷിക്കാനാണ് അതിനുവേണ്ടി എന്ത് വേണം എന്താ വേണ്ടത് നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഹോൾ ഗ്രെയിൻസ് ഇതെല്ലാം ചിരിക്കുന്ന ഇതൊക്കെ നല്ലവണ്ണം കഴിക്കുക ആത്മീയ ജീവിതമാണ് അതുകൊണ്ട് ഇതൊന്നും ഞാൻ എപ്പോഴും ഇതാദ്യ വന്ന കാലം മുതൽ ഞാൻ പറയുകയാണ് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് അതായത് ഈ അവയർനെസ് ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത പറയും അവേർനെസ് ക്ലാസ്സിന്റെ റിസൾട്ട് നോക്കേണ്ട കാര്യമില്ല അത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ സർവീസ് മറ്റേത് സർവീസ് ആണെങ്കിലും ശരി അത് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് കൂടെ നോക്കണം എന്താണ് അതിന്റെ റിസൾട്ട് റിസൾട്ട് നോക്കണം നിങ്ങൾ ചെയ്ത പ്രവൃത്തി ഉണ്ടെന്ന് ഫലം ഉണ്ടാണ് പക്ഷെ അവേർനെസ് ക്ലാസ് നോക്കേണ്ട കാരണം നമ്മൾ വേറെ ചെയ്യുന്നില്ലല്ലോ ആൾക്കാരെ ബോധിപ്പിക്കുന്നതന്നെയുള്ളൂ എന്ത് റിസൾട്ട് നോക്കേണ്ട കാര്യം എൻ ജിഒകളുടെയൊക്കെ ഒരു ഒരു കാഴ്ചപ്പാടാണ് ഞാൻ ഈ പറഞ്ഞത് അതിന്റെ ആവശ്യമില്ല മറ്റുള്ളവര് സ്റ്റഡി നിങ്ങൾ എന്തെങ്കിലും സർവീസാണ് ചെയ്യുന്നെങ്കിൽ അതിനെക്കുറിച്ച് അവർ സ്റ്റഡി ചെയ്ത് റിസൾട്ട് എന്തുണ്ടാക്കി എന്നും മറ്റേ ഈ സോഷ്യൽ സർവീസ് ഇന്ന് ഇന്ത്യയോടുകൂടി കാഴ്ചപ്പാടാണ് അതുകൊണ്ട് റിസൾട്ടൊന്നും ഞാൻ നോക്കിയിട്ടില്ല പറയുന്നത് നമ്മള് ബ്രെയിനിനെ സംരക്ഷിക്കാനാണ് നോക്കുന്നത് മെമ്മറികളെന്ന് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ എന്താണ് അത് ശുഭവാസനയാണ് നല്ല മെമ്മറിയാണ് അത് നമുക്ക് സുഖമായി മോശം മെമ്മറികൾ നമ്മൾ വേട്ടയാടിയാൽ നമ്മുടെ ജീവിതം കുറച്ച് കഷ്ടപ്പാടില്ലാകും കൺഫ്യൂഷനിലാവും പ്രയാസമാവും അതുകൊണ്ട് ഈ പറഞ്ഞത് ശരിയാണ് എന്താണ് രാമനോട് പറഞ്ഞിരിക്കുന്നതാണ് നല്ല വാസനകൾ ഉണ്ടാക്കിയെടുക്കുക നല്ല ചിന്തയും നല്ല പ്രവൃത്തിയും ഉണ്ടാക്കിയെടുക്കും ഇത്രയൊന്നും പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചല്ലേ തുടങ്ങിയത് കേട്ടോ പക്ഷെ ഒരു പദ്യം ആരാധി പോയി എന്റെ കുറ്റമാണ് ഇതിങ്ങനെ എഴച്ചഴിച്ചു കൊണ്ടുപോകുന്ന എന്താ പ്ലാൻ ഒരു പ്ലാനും ഇല്ല തുടങ്ങുമ്പോൾ പല കാര്യങ്ങളും പറഞ്ഞു പോകുന്ന നൃത്തികളെ